സന്യാസ ദീക്ഷയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതിന് മഹാവാക്യ ഉപദേശം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് അടുത്തു പിന്നെ കാര്യമായ ചടങ്ങുകളൊന്നുമില്ല അടുത്ത് വരുന്നത് നാമകരണം തീർത്ഥാശ്രമ വനാരിരി പർവ്വത സാഗരാഹ സരസ്വതീ ഭാരതീജി സപ്തമി പത്ത് പേരുകളാണ് അതിന് പുരി പേരുള്ളവർ പ്രത്യേകിച്ച് അറിയിക്കണം അത് സംസ്കൃതത്തെ ദീർഘമാണ് ഹ്രസ്വല്ല ചിലർ സംസ്കൃതത്തിൽ ഹ്രസ്സമായിട്ട് ശിവഗിരി ഹ്രസവാണ് പുരി സരസ്വതി ഭാരതി മൂന്നും ദീർഘമാണ് അവർ സപ്ഞാത്രയേ ഉള്ളൂ പിന്നെ ഇതിനൊക്കെ മഠാമനായം എന്ന് ശങ്കരാചാര്യെ ഏർപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിനകത്ത് നോക്കിയാൽ കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടും ഈ പേരുകൾക്കെല്ലാം വ്യാഖ്യാനമുണ്ട് പുരി പൂർണനായിരിക്കുന്നുണ്ട് പുരിയിൽ നിന്ന് ചിലര് വ്യാഖ്യാനിക്കും ചിലര് വ്യാഖ്യാനിക്കും അങ്ങനെയല്ല പൂരിപ്പിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ അഭിലാഷങ്ങളെയും സാധിച്ചു വലിയ തപസ്സി ാണ് പുരി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് പിന്നെ ഇതിലെല്ലാം ഓരോ സമ്പ്രദായങ്ങൾ കൂടാതെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇന്ന് അതിൽ നിന്നും വലിയ പ്രസക്തിയൊന്നുമില്ല പിന്നെ പുരി നാമം അത് ചൈതന്യ പദം ചേർത്ത് വേണം ഉപയോഗിക്കേണ്ടത് ഗിരി നാമം ഉപയോഗിക്കുമ്പോൾ ആനന്ദപദം ചേർത്ത് എന്നു ആനന്ദഗിരി ചൈതന്യപുരി ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല അപ്പം അതിനെക്കുറിച്ച് ആർക്കും അറിയത്തുമല്ലോ ചിലരൊക്കെ അത് പാലിക്കുന്നുണ്ട് പക്ഷെ നാമകരണവിധി പറയുന്നത് യത് രോചത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുരുവിനെന്താണോ തോന്നുന്നത് പിന്നെ നാമത്തെക്കുറിച്ച് പറയുന്നത് എന്താണോ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ദേവത നാമങ്ങൾ ഉപയോഗിക്കാം സന്യാസിക്ക് നാമകരണം ചെയ്യുമ്പം ബ്രഹ്മവിശേഷണങ്ങൾ നിത്യം ശുദ്ധം മുക്തം അങ്ങനെയുള്ള അതിൽ തന്നെ അച്യുതൻ എന്നുള്ള പേരുപയോഗിക്കാം കാരണം അത് ദേവതാവാചകമാണ് അതേസമയം അച്യുതനെന്ന് പറയുന്ന എന്താണ് അച്യുതം അച്യുതം ന നു സമാസമാണ് പക്ഷെ അങ്ങനെയുള്ള പ്രസിദ്ധമായ ശബ്ദങ്ങളല്ലാതെ നഞ്ഞു സമാസം വരുന്ന പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ആദ്യം ഒരു നിഷേധം വരുന്നില്ലേ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ദേവതാ നാമമാണെങ്കിൽ ബ്രഹ്മവിശേഷണമാണെങ്കിൽ അതിൽ ദോഷമല്ല അമൃതം ബ്രഹ്മവിശേഷണമാണ് നഞ്ഞ് സമാസമാണ് അങ്ങനെയുള്ള ഇളവുകളുണ്ട് അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ അല്ലാതെ ഏതെങ്കിലും സാധാരണ ലോകത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ നഞ്ഞ് സമാസം ആദ്യം ഒരു നിഷേധം വരുന്നത് ശരിയല്ലോ ചിലപ്പോൾ അവൻ നിഷേധിയായിപ്പോയല്ലോ അതുകൊണ്ടായിരിക്കും അല്ലാതെ ഉപയോഗിക്കാം പറയുന്നു അപ്പോൾ ദശനാമ സമ്പ്രദായത്തിൽ ഈ പറയുന്ന തീർത്ഥാശ്രമ വനാരണ്യേതെങ്കിലും തപോ വനം ദശനാമത്തിൽ വരുന്നതാണ് വനം അങ്ങനെ ഉപയോഗിക്കണമെന്ന് അപ്പോ ശിഷ്യന് ഗുരു നാമകരണം ചെയ്യുന്നു അത് എന്താണോ ശ്രവണസുഖമുള്ളത് ഉച്ചാരണ സുഖമുള്ളതുമായിരിക്കണം സാധാരണ നാമകരണത്തിലുള്ള നിയമങ്ങൾ തന്നെ നല്ലത് ഘടോഖ ആനന്ദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള പേരുകളെന്നും അങ്ങനെ കൊണ്ട് പേര് കളിച്ചു അങ്ങനെ പറയുന്നു ഇപ്പൊ നാമകര നാമ ദീക്ഷ അങ്ങനെ നാമ ദീക്ഷാമ ദീക്ഷ കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന് എന്താണ് ഇത് വ്യാഖ്യാനിക്കുന്നു എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു ദീക്ഷാക്രമങ്ങൾ മന്ത്രം ശിഷ്യൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നു പിന്നെ യതി ധർമ്മം അത് വിശദീകരിച്ചു അത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും പഴയകാലത്ത് യതി എങ്ങനെ ആചരിക്കണം പുറത്ത് സമൂഹത്തില് അത് പക്ഷെ ഇന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന യതി ധർമ്മങ്ങളിൽ ഈ ചില മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറം ആചാരങ്ങളൊന്നും തന്നെ ഇന്ന് പ്രായോഗികമേ അല്ല ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് ലോഹത്തിൽ സ്പർശിക്കരുത് നടക്കുന്ന് ആചാരങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എനിക്കറിയാം ഒന്ന് ഇതൊന്നും സംരക്ഷിച്ചു നോക്കി ലോഹത്തിൽ സ്പർശിക്കാതെ ജീവിക്കുക അത് പറയുന്നതെന്താണ് സമ്പത്തൊന്നും കൈകാര്യം ചെയ്യരുതെന്നുള്ളതാണ് ലോഹപാത്രത്തിൽ ആഹാരം കഴിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നിയമങ്ങളാണ് അന്ന് പറഞ്ഞുകൊടുക്കുന്നത് അത് ആ കാലത്ത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഈ ആചാരങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പക്ഷെ ചില മൂല്യങ്ങളുണ്ട് ഇപ്പോൾ മഹാവ്രതം അതിൽ തന്നെ എല്ലാം പറ്റത്തില്ല ഇന്ന് അഹിംസ പറ്റും സത്യം പറ്റും അസ്ഥയെ മോഷ്ടിക്കരുത് അത് കഴിയാൻ കഴിയുക ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ് ബ്രഹ്മചര്യം കൂടിയേ തീരും അതൊക്കെ മൂല്യങ്ങളാണ് അതൊക്കെ ഒരു യതി പലിശ മതിയാകും അതിന് വിട്ടുവീഴ്ചയില്ല അന്നുമില്ല ഇന്നുമില്ല അപരിഗ്രഹം എന്നാണ് ഒന്ന് ഒന്നും സൂക്ഷിച്ചുവെക്കാൻ പാടില്ല ഇന്ന് എ ടി എം കാർഡ് ഇല്ലാതെ സന്യാസിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇല്ലാത്തവരത് എത്രയും പെട്ടെന്ന് എടുത്താണ് സന്യാസം കഴിഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ വലിയ വൈരാഗ്യാണ് അതാണിതാണെന്നും പറഞ്ഞാൽ യാതൊരു കാര്യമുണ്ട് വിഷമിക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല സമൂഹത്തിൽ പ്രവർത്തിക്കുകയും വേണം എ ടി എം കാർഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി എം കാർഡ് മാത്രം പോരാ ബാങ്കിൽ പൈസയും വേണം ആവശ്യത്തിന് ചിലവാക്കാനുള്ള കാശ് ഇത് രണ്ടും കൂടിയേ തീരുന്നു പക്ഷെ പണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അപരിഗ്രഹം ജീവിക്കാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞത് അന്ന് പഞ്ചസപ്തവ അഞ്ചോ ഏഴോ വീട്ടിൽ പോയി നാരായണഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ അന്നം കൊടുക്കും പക്വാന്നം ആ അതിനൊരു പ്രത്യേകതയുണ്ട് പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു സന്യാസി അത് നിയമമാണ് സന്യാസ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ചടങ്ങ് കൂടെയുണ്ട് അത് കഴിഞ്ഞാൽ സ്വയം അന്നം പാകം ചെയ്യാൻ പാടില്ല അത് എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അഗ്നി കർമ്മം അവസാനിച്ചല്ലോ ഈ പാകമെന്ന് പറയുന്നത് എന്താണ് ഒരഗ്നികർമ്മ കാരണം അത് പാകത്തെ കൂടെ നിഷേധിക്കും കാരണം ഈ വൈദികമായ കർമ്മങ്ങൾക്ക് വേണ്ടി എന്തു ഹവിസ് പാകം ചെയ്തല്ലേ എടുക്കുന്നു അപ്പൊ ഇവൻ ഈ അന്നം പാകം ചെയ്തൊക്കെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് പിന്നെ വീണ്ടും പഴയ സംസ്കാരം വരും എന്തു വീണ്ടും പാകം ചെയ്ത് പരിപാടികൾ പഴയ പരിപാടികൾ തുടങ്ങും അതുകൊണ്ട് അതങ്ങ് കർശനമായി നിഷേധിച്ചിരിക്കുകയാണ് പിന്നെ അത് ചെയ്യാൻ പാടില്ല അത് പാകം ചെയ്യുന്നവന് അങ്ങനെ പാകം ചെയ്യുന്ന സന്യാസിക്ക് ചന്ദ്രായണ വ്രതമാണ് പ്രായ ചിത്തം പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും പാകം ചെയ്താൽ ചന്ദ്രായണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അടപ്പളവി പോകുന്ന ഒരു പരിപാടിയാണ് എന്നു വെച്ചാൽ പലതരത്തിൽ പറയുന്നുണ്ട് വാവിൻ്റെ അന്ന് ഒരു ഉരുള ഭക്ഷണം കഴിച്ച് അടുത്ത വാവിന് ചെല്ലുമ്പോൾ സീറോ ആകണം അങ്ങനെ കഴിക്കാവും അപ്പൊ അടുത്ത വാവിന്റെ തലേ ദിവസം എന്തായിരിക്കും കഴിക്കുന്നത് ഒരു ഉരുളയിൽ ബാക്കി എത്ര കഴിക്കും പതിനാല് ദിവസമുണ്ട് പിന്നെ വീണ്ടും ആ സീറോയിൽ നിന്ന് മുമ്പോട്ട് ഉമ്പോട്ട് പോയി അടുത്ത വാവി ചെല്ലുമ്പോഴേ ഒരു ഉരുളയാകാവും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ച അനീമിയൊക്കെ പിടിപെട്ട് മൂന്നു നേരം കുളിക്കണം സന്യാസിക്ക് നിർബന്ധമാണ് തൃഷവണം എല്ലാ സ്മൃതികളിലും പറയുന്നു സന്യാസി മൂന്നു നേരം കുളിക്കണം ഇന്ന് വെള്ളം വേണ്ടേ ഏറ്റവും മൂല്യമുള്ള വസ്തു വെള്ളമാണ് പിന്നെ ഒരു കാര്യം സന്യാസിക്ക് പറയുന്നുണ്ട് ശൌചത്തില് വളരെ നിർബന്ധമാണ് എന്നുവെച്ചാൽ ഇന്നത്തെ ഈ ബ്രേക്ക് ദി ചെയിൻ പോലെ എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കണം പഴേ അപ്പോ ഭിക്ഷന്നം പണ്ട് കഴിക്കുന്നത് കൊണ്ടാണ് പണ്ട് അപരിഗ്രഹം പറഞ്ഞത് അപ്പൊ പിന്നെ ഒന്നും കൈവശം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇന്ന് വിക്ഷം നിരോധിച്ചിരിക്കുകയാണ് സർക്കാർ സന്യാസിക്ക് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നുമില്ല പ്രത്യേകിച്ച് ഇവിടെ നിയമവും ഇല്ല സന്യാസിക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾക്കൊക്കെ നിയമമുണ്ട് ആശ്രമങ്ങൾക്കുണ്ട് ട്രസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക നിയമമാണ് പക്ഷെ സന്യാസി മനുഷ്യൻ സാധാരണ പൗരാവകാശമേ ഉള്ളൂ അപ്പോ പാടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ അവരിഗ്രഹം സാധ്യമാവും ഭിക്ഷെടുക്കുന്ന നിയമവിരുദ്ധമാണ് പിന്നെ ഭിക്ഷ എന്ന് പറയുന്നത് അന്ന് പറഞ്ഞിരിക്കുന്ന വിധി അനുസരിച്ച് തന്നെ എടുക്കണം ഇന്നിപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട് ആൾക്കാരുടെ കൈനീട്ടി പത്ത് പൈസ വാങ്ങിക്കൊണ്ട് ഹോട്ടലിൽ കൊടുത്ത് അതുകൊണ്ട് ഒരു പുട്ട് വാങ്ങിച്ചു നിന്ന് അത് ഭിക്ഷയാകത്തില്ല ആ ഭിക്ഷ ഇവിടെ അംഗീകരിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അന്ന് ഒന്ന് ഈ പിന്നെ സന്യാസി എന്താണ് പങ്കു െന്ന് പറയുന്നു അതായത് സന്യാസി പ്രാണഭയം ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഭിക്ഷ എടുക്കാനല്ലാതെ സഞ്ചരിക്കാൻ പാടില്ല ഇതൊരു സ്ഥലത്ത് ഭിക്ഷ കിട്ടുന്നില്ലെങ്കിൽ അന്ന സ്ഥലത്തേക്ക് പോകാം ഭിക്ഷയ്ക്ക് വേണ്ടി പക്ഷെ ഭിക്ഷയെടുക്കാനല്ലാതെ സന്യാസി സംസാ സഞ്ചരിക്കരുത് അതുകൊണ്ടാണ് സന്യാസിയെ പങ്കു മുടന്തനു പറയുന്ന ആവശ്യമില്ലാതെ സഞ്ചരിക്കത്തില്ല ഇപ്പം സന്യാസിയുടെ ജീവിതം തന്നെ പൂർണ്ണമായും ഭിക്ഷയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം അപ്പോ പിന്നെ ഒരുപക്ഷെ ശൌചത്തിൽ ഇത്രയും വലിയ നിർബന്ധം സന്യാസി പക്ഷെ ഒരുപക്ഷെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ ഇപ്പോൾ നാമകരണം ധർമ്മങ്ങൾ എന്നതൊക്കെ ആചരിക്കണമെന്നുള്ള അതിനോടൊപ്പം സന്യാസിയെ ബോധിപ്പിക്കുന്നു പിന്നെ അതിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ അതിൻ്റെ പ്രായ്ചിത്തങ്ങൾ പ്രായ്ചിത്തം തോന്നുന്നു എല്ലാം ചാന്ദ്രായണം തന്നെ മിക്കവാറുമെല്ലാം സന്യാസി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ രാജാവിന് സന്യാസിയെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് രാജസദസ്സിൽ സന്യാസി ചെന്ന് കഴിഞ്ഞാൽ രാജാവിനെഴുന്നേറ്റിരിക്കണം സിംഹാസനത്തിൽ നിന്ന് ഇതൊക്കെയുണ്ട് അപ്പോൾ അന്ന് ആചാര്യന്മാർ വളരെ ഭദ്രമായ ഒരു വ്യവസ്ഥ സന്യാസത്തിന് വേണ്ടി ചെയ്തു വച്ചു അതിൽ നിന്നും വ്യതിചലനം വരാതിരിക്കണം പിന്നെ നാമകരണത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് ഇന്ന് വേണ്ട ഇന്ന് സന്യാസ നാമം മാറ്റിക്കഴിഞ്ഞു ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നു ഉടൻ തന്നെ ഗസറ്റ് പബ്ലിഷ് ചെയ്യണം ഇല്ലെങ്കിൽ ലീഗലായ പല പ്രശ്നങ്ങളും ഉണ്ടാവും കാരണം നമ്മൾ ആശ്രമത്തിനകത്ത് കഴിയുന്നു മറ്റൊരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിൽ പ്രശ്നം പക്ഷേ മറ്റെന്തെങ്കിലും വ്യവഹാരത്തിൽ ആശ്രമ സംബന്ധമായ വ്യവഹാരത്തിലൊക്കെ ഇടപെടുമ്പോ ഈ നമ്മുടെ പഴയ പേര് കാരണം നിയമപരമായിട്ട് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരാണ് നമ്മുടെ പേര് ഈ പേരിന് യാതൊരു വിലയില്ല നിയമപരമായിട്ട് യാതൊരു സാധ്യത ഉണ്ടാവണമെങ്കിൽ പേര് മാറ്റാൻ അപേക്ഷ കൊടുത്ത് ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യണമില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് ഇടപെടുമ്പോൾ അറിയാം ഇപ്പൊ രണ്ടുപേരും വരും അത് ക്രിമിനൽ നടപടിയാണെന്ന് വെച്ചാൽ ഛൂട്ട രാജൻ എന്നറിയപ്പെടുന്ന ഇന്നാരെന്ന് പറയുമ്പോലെ ആയിപ്പോവും കേട്ടിട്ടുണ്ടോ അത് അല്ലെങ്കിൽ കോടാലി അപ്പുണ്ണി എന്നറിയപ്പെടുന്ന ഇന്നാര് പത്രങ്ങളിലൊക്കെ ചിലവും വായിക്കും അതുപോലെ ഒരു ഇന്ന ആനന്ദൻ എന്ന് പറയുന്ന അതൊരു ക്രിമിനൽ ഇടപാടാണ് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വരും അതുകൊണ്ട് ഇപ്പൊ വടക്കേന്തി പോയി സഞ്ജീസ് സന്യീസ് വന്ന ഒരാള് ഞാൻ പറഞ്ഞ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇപ്പോൾ പ്രത്യേക പ്രത്യേകിച്ചും പാസ്പോർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വിഷയമാണ് ഈ പേരവർ അംഗീകരിക്കത്തില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കേണ്ടി വരും അത് കൊടുക്കുമ്പോൾ വേറെ പേരല്ലേ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരാൾ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പേര് മാറ്റണം പഴയ കാലമല്ല ഞാൻ എനിക്കത് അറിയത്തില്ലായിരുന്നു പത്തിരുപത് മുപ്പത് വർഷം ഈ പേരും കൊണ്ടിടന്ന് ആരും ചോദിച്ചില്ല പക്ഷേ അവരാവശ്യം വന്നപ്പോൾ ട്ടോട്ടോ ഓടേണ്ടി വന്നു അപ്പോ ഒരു സന്യാസി വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് ഇത് എത്ര കാലം പോകുന്നു നോക്കട്ടെ അത് കഴിഞ്ഞ് മാറ്റാം പിന്നെ വീണ്ടും മാറ്റാം വീണ്ടും ഇനി വീണ്ടും അപേക്ഷ കൊടുക്കാനല്ലോ എനിക്ക് വയ്യ പല തരക്കാരാണേ നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചു നമുക്കതിനെ കുറിച്ച് നമ്മളെ കാണുന്ന വിവരം അവർക്ക് നമ്മളത് ചിന്തിച്ചില്ല ഇതിന്റെ വീണ്ടും ഒരു മാറ്റം ഉണ്ടാവും അതും ചിന്തിച്ചിട്ട് ഇതും ജീവിക്കുന്ന മനുഷ്യരുണ്ട് നടന്ന സംഭവാണ് ഇതൊക്കെയാണ് രോഗം ഇപ്പൊ നാമകരണത്തിനോടനുബന്ധിച്ചത് സന്യാസ ദീക്ഷ വിശദീകരിച്ചു കൊടുക്കുന്നു ധർമ്മങ്ങളെ വിജരി വിശദീകരി പിന്നെ ഒരു കാര്യം ഞാൻ ആരുടെ അത് പറയുകയും ചെയ്തു ചില കാര്യങ്ങൾ ചില നിയമങ്ങൾ നല്ലതാണ് സന്ധ്യകളിൽ യാത്ര ചെയ്യാൻ പാടില്ല സന്യാസിയുടെ ഞാൻ ഈ സ്മൃതികളും അത് ഇതും ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കണ്ട ചില നിയമങ്ങൾ നല്ല നിയമങ്ങൾ രാവിലെ ഉച്ചസമയം വൈകുന്നേരം പിന്നെ രാത്രി ഇത് യാത്ര ചെയ്യാൻ പാടില്ല അതും പറയുന്നുണ്ട് ഇതിലെല്ലാം പറയുന്നുണ്ട് പ്രാണഭയം വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പോ കാളകുത്താൻ വരെയാണ് രാവിലെയാണ് ഓടാൻ പാടില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോ ഓടി രക്ഷപ്പെടുന്നു ഗുരു പറഞ്ഞിരിക്കുന്നത് അത് പറയുന്നുണ്ട് പ്രാണഭയം വന്നാൽ മറിച്ചാണെങ്കിൽ അതൊക്കെയാണ് പണ്ട് പ്രാണഭയം എന്ന് പറയുന്നത് കാരണം സന്യാസി യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പട്ടികടിക്കാൻ വരിക കാളകുത്താൻ വരുക ഇതൊക്കെയാണ് വേറെ പ്രാണഭയമൊന്നും അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു വളരെ സങ്കടകരമായൊരു വാർത്ത ഉണ്ടല്ലോ വളരെ ദയനീയമായി രണ്ട് സാധുക്കളെ തല്ലിക്കൊല്ലെന്ന് അപ്പം ഈ ഈ ഭാഗത്ത് സന്യാസി ഇതിനെ കുറിച്ച് പലരും എന്നോട് പോകും ഇവിടെ നമ്മുടെ കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം പങ്കെടുത്ത ഒരു ചർച്ച അത് ഈ നമ്മുടെ ലോക്ക്ഡൌൺ കാലത്തായതുകൊണ്ട് ഞാൻ ടി വിയിൽ ആ ചർച്ചയാണ് അനൗൺസ് ചെയ്തിട്ടാണ് ആ ചർച്ച നടക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ സന്യാസിമാരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അതിനെ അപലപിച്ച് ശരിയാണ് അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവരൊരു തെറ്റും ചെയ്യാത്തവരാണ് സാധുക്കളാണ് അവർ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി അതിൻ്റെ വീഡിയോ അതാണ് കഷ്ടം അതിൻ്റെ വീഡിയോ സർവ്വത്ര പ്രചരിച്ചു ഒരു ഇതുപോലെ ഒന്ന് രണ്ട് ചാനൽ ചർച്ചയൊക്കെ കഴിഞ്ഞ് അതങ്ങ് തീരുകയും ചെയ്തു ഇപ്പം അതില്ല ഇനി അടുത്ത ആരെങ്കിലും കൊല്ലുമ്പോൾ വീണ്ടും ചർച്ച വരും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ അത് അവരുടെ കുറ്റമാണ് കാരണം സന്യാസിയുടെ നിയമം അനുസരിച്ച് രാത്രി യാത്ര ചെയ്യാൻ പാടില്ല സന്യാസി അവന്റെ നിയമം പാലിക്കണമെന്നോ ചെയ്തവർക്ക് കുറ്റമില്ല എന്നുള്ളതല്ല ചെയ്തവർക്കും കുറ്റമുണ്ട് ചെയ്തവരെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അവർ മദ്യത്തിൻ്റെയും മാതക വസ്തുക്കളുടെയും ലഹരി ചെയ്തതാണ് അല്ല സുബോധമുള്ളവർ ചെയ്യത്തില്ല ഇതാണ് സംഭവിച്ചത് ശരിക്കും അല്ലെങ്കിൽ ഇന്റൻഷനായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ച് ഇതിലും വളരെ ക്രൂരമായി കൊന്നിട്ടുണ്ട് വീഡിയോ കണ്ടില്ലെന്നേ ഉള്ളു ഉത്തരകാശ്യത്തിന് ഇവിടുത്തെ ആശ്രമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്നു ഒരു സന്യാസിയെ ചിത്രവർദ്ധനം ചെയ്തതെന്ന് വെച്ചാൽ ആ സന്യാസിയുടെ ശരീരത്തിലെ മാംസം കത്തി കൊണ്ട് വരിഞ്ഞെടുത്ത് കൈകാലുകൾ മുറിച്ച് സ്വന്തം ആശ്രമത്തിൽ കിടന്നുറങ്ങിയ ആളെ ശരീരാവയങ്ങളെല്ലാം ഛേദിച്ച് അതും പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യന് ചെയ്യാൻ തോന്നുന്നത് ഒന്ന് ഇത്തരം കുർൂര കർമ്മങ്ങൾ ചെയ്യുന്ന ലഹരി മറ്റൊന്ന് മതത്തിന്റെ ലഹരി അതിലും ചെയ്യും ഈ അടുത്ത ദിവസം അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രസവ ആശുപത്രി കയറി ഗർഭിണികളായവർ പ്രസവിച്ച് കിടന്ന സ്ത്രീകൾ കുട്ടികളെയെല്ലാം പിടിവെച്ച് വന്നു അത് മതത്തിൻ്റെ ലഹരിയാണ് സാധാരണ മനുഷ്യനെ ചെയ്യാൻ പറ്റും വളരെ അതിൽ പ്രസവിച്ച് വീണ ഒരു കുട്ടിക്ക് കാറിൽ വെടിയേറ്റ് അതിനെ ശുശ്രൂഷിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ വാർത്തയുണ്ടായിരുന്നത് സുഖമായിരുന്നു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ബാത്റൂമിനകത്ത് കയറി അവിടെ പ്രസവിച്ച് എത്ര ക്രൂരമായിട്ട് അതിന് അതിന്റെ ലഹരി എന്താണ് മതം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മതം എന്ന് പറയുന്നത് നല്ല സാധനമൊന്നുമല്ല മനുഷ്യൻ ഇത്രയും ലഹരി ഉണ്ടാക്കാമെങ്കിൽ ഇപ്പം മറ്റേ സ്വാമിയൊക്കെ എന്താ ഇങ്ങനെ മാംസമൊക്കെ വരിഞ്ഞെടുത്ത് കൊന്നത് മയക്കുമരുന്നിന്റെ ലഹരി അപ്പോൾ അവരെന്തും ചെയ്യും അവർക്കതൊക്കെ ഒരു അവരുടെ മനസ്സിന്റെ സമനില തെറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ പലരും ഋഷികൾ ഒരു സമയം കൊന്നു ഉത്തരവ് ഒന്നല്ല ഒരുപാട് പേര് കൊന്നിട്ടുണ്ട് അപ്പോൾ സന്യാസിയുടെ സുരക്ഷിതത്വം സന്യാസി സ്വയം നോക്കുക അല്ലാതെ സമൂഹത്തിന് അതിന് ഉത്തരവാദിത്വമൊന്നുമില്ല ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരള്ളിടത്ത് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ സന്യാസിനിയാകുമ്പോൾ അവർക്ക് എന്താണോ അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് നമ്മളൊരു ആശ്രമത്തിൻ്റെ അകത്ത് ഇത്രയും സുരക്ഷിതമായി കഴിയുമ്പം പ്രശ്നമില്ല പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ അപകടകരമാണ് ചുറ്റുപാടുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല പൊതുഗതാഗതം ഉപയോഗിക്കാൻ പാടില്ല കഴിയുന്നത് സ്വകാര്യ വാഹനങ്ങൾ സഞ്ചരിക്കുക രാത്രി എന്നുവെച്ചാൽ ട്രെയിനിലും ബസ്സുകളിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ല കാരണം ഇതുപോലെ ലഹരി പിടിച്ച മനുഷ്യരുണ്ട് അവരെന്ത് ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് പുരുഷന്മാർക്കും അപകടമാണ് സന്യാസി പ്രത്യേകിച്ച് വേഷം കണ്ടു കഴിഞ്ഞാൽ കാളയ്ക്ക് ചുവപ്പ് കാണുന്നു എന്ന് പറയും പോലെ കണ്ടുകഴിഞ്ഞാൽ പലർക്ക് ഗിരിക്കിരാന്ന് വരും എന്തെങ്കിലുമൊന്ന് പറയണം അത് ഉദക്കം പറയുന്നേട്ടാ കൂടെ നിൽക്കുന്നു ചേർന്ന് പറയും ഹരിദ്വാറിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു യാത്രയിൽ ഹരിദ്വാർ ഇത്രയും സന്യാസിമാരുടെ കേന്ദ്രത്തിൽ ഒരു സന്യാസി ആൾക്കാർ കൂടി ചേർന്ന് വന്നിരിക്കുന്നുണ്ട് ഋഷി മാർക്കറ്റിൽ ഞാൻ സാധനം വാങ്ങാൻ പോയി മലയാളിയായ സന്യാസിയെ ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കുന്നതാണ് അപ്പോ ഇത് സന്യാസിയുടെ സംരക്ഷണം സമൂഹത്തിനല്ല സന്യാസിക്കാണ് പക്ഷേ ഇവർ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പ്രധാന വഴി കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് തടയും എന്നുള്ളത് കൊണ്ട് അവർക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഒരു മലംബാധ സ്വീകരിച്ചതാണ് എന്തുപറ്റി അവർ വളരെ നിർദ്ദേഹമായി കൊല്ലപ്പെട്ടു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുമ്പേ നമ്മുടെ ധർമ്മം അതവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യം അത് പഴയകാലത്ത് പറഞ്ഞത് ഇന്നും അത്തരം കാര്യങ്ങളൊക്കെ ഇന്നും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സുരക്ഷിതമായി യാത്ര ചെയ്യുക കഴിയുമെങ്കിൽ ഒരു സന്യാസി യാത്ര ചെയ്യുമ്പോൾ ഗൃഹസ്ഥന്മാരായ പ്രത്യേകിച്ച് സന്യാസിരിമാരാണെങ്കിൽ ഗ്രഹസ്ഥന്മാരായ ആൾക്കാർ ഒപ്പമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അല്ല യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല അത് യാതൊരു സുരക്ഷിതത്വവും ഒരിടത്തും യാതൊരു ഗ്യാരണ്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാത്രയ്ക്കുള്ള നിയമങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ച് അപകടം ഉണ്ടാകാം അതാണ് പിന്നെ സന്ധികളിൽ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞത് എന്നിട്ട് ആ സമയം സന്യാസിക്ക് തൻ്റെ ഉപാസനകളൊക്കെ ചെയ്യേണ്ട സമയമാണ് നട്ടുച്ചയ്ക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ചൂടൊക്കെ അടിച്ച അസുഖങ്ങൾ വരാം രാത്രിയിൽ പറഞ്ഞ ഇതുതന്നെയാണ് രാത്രിയിൽ അപകടങ്ങളുണ്ട് വന്യമൃഗങ്ങളും വന്യരായ മനുഷ്യരും ഒക്കെ ആക്രമിക്കും മൃഗങ്ങൾ മാത്രമല്ല വന്യമായിരിക്കുന്നു മനുഷ്യരും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഈ ലഹരി ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ക്രിമിനൽ കുറ്റങ്ങളുടെ പിന്നിലും പ്രധാന ഒന്നാം കക്ഷി എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് ഗവൺമെന്റുകളും പണത്തിനു വേണ്ടിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയിപ്പോയി കൊണ്ട് ചില കാര്യങ്ങൾ ആചരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നും പറ്റും പക്ഷെ ബാക്കിയുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഇന്നൊരിക്കലും പ്രായോഗികമായ കാര്യങ്ങൾ സന്യാസി വാഹനങ്ങൾ ഉപയോഗിക്കരുത് നടക്കുമെന്നും നടക്കുന്ന കാര്യമില്ല പാതുകം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നുണ്ട് ചെരുപ്പ് എന്നാലും വാഹനങ്ങളൊന്നും ഉപയോഗിക്കരുത് അതുകൊണ്ടാണ് സന്യാസിമാർ പദയാത്രയെ കണക്കുന്നത് സന്യാസി എല്ലാ സ്മൃതികളും പറയുന്നുണ്ട് സന്യാസി സമുദ്ര ലംഘനം നടക്കരുത് കടല് കടന്ന് യാത്ര ചെയ്തു കേട്ടോ പ്ലെയിനിൽ പോവാം കടലിൻ്റെ മേളിൽ കൂടെ അതവരന്ന് ചിന്തിച്ചില്ല അന്ന് മറ്റേ ഒരു പ്ലെയിനല്ലേ ഉള്ളൂ ആരാണ് വി ഐ സ്വാമിമാർക്കൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അക്കാര്യം പറഞ്ഞിട്ടില്ല സമുദ്രലംഘനം എന്ന കുരിയ സന്യാസിക്ക് അതാണ് സന്യാസി സമുദ്രം നടത്ത പോക്കാണ് ബഹിഷ്കരിക്കും അത് പറഞ്ഞ എന്താണ് സമുദ്രത്തിൽ തിമുങ്ങലും മറ്റുമൊണ്ട് ആഴം നിശ്ചയമില്ല അതുകൊണ്ട് പോയി അപകടപ്പെട്ട് മരിക്കുമെന്ന് ഉദ്ദേശിച്ചാണ് ആദ്യം അത് പറഞ്ഞത് പിന്നെ അതൊരാചാരമായി പല സൗദ്ദേശത്തോടു കൂടി പ്രായോഗിക ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പിൽക്കാലത്ത് ആചാരമായി വരികയും പിന്നെ അതിനെ സംരക്ഷിക്കാൻ നടക്കുകയും ചെയ്യുമ്പോഴാണ് ആകെ പ്രശ്നങ്ങളാകും സമുദ്രം എങ്ങനെ പറഞ്ഞ അതുകൊണ്ടാണ് സമുദ്രം ഏതൊരുണ്ടെന്ന് വെള്ളം ആർക്കും അറിയത്തില്ലല്ലോ ഈ കരയിൽ നമ്മൾ കാണുന്നുള്ളൂ മറുകര കാണുന്നില്ല അപ്പോൾ ഇത് വെള്ള പൊങ്ങു തടിയോ വെള്ളമൊക്കെ ഉപയോഗിച്ച് കയറിയോ പോയിച്ചാവും അതുകൊണ്ടാണെന്ന് പറഞ്ഞത് പിന്നെ ആചാരമായി ഇങ്ങനെയുള്ള ചില ഇന്നത്തെ കാലത്ത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് പിന്നെ അമാനിത്വം അതമ്പിത്വം അഹിംസ ക്ഷാന്തിരാർജന സന്യാസിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യമാണത് എന്ന് പറയുക കൂടുതലും ഒരു സാത്വികമായ മാനസികമായ ആചാരങ്ങൾ ഭാവനകൾ ഉപാസനയുടെ ഭാഗമായി വരുന്ന അദ്വേഷ്ടാസർവഭൂതാനാം മൈത്രക്കരുണയവച ഇങ്ങനെയെല്ലാം പറയുന്നത് സന്യാസ വിധികളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭഗവത്ഗീത അവിടെ കോട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം സന്യാസിമാർക്ക് വേണ്ടതാണ് സ്മാർത്ഥ സന്യാസി വിധി നിഷേധങ്ങൾക്ക് അതീതനല്ല അങ്ങനെ ഒരു തരണുണ്ട് സന്യാസി വിധി നിഷേധങ്ങൾക്ക് അതി വിധി നിഷേധങ്ങളെ അനുസരിക്കണം എന്നാണ് അത് അതും പറയുന്നുണ്ട് ആ സന്യാസി അതിൻ്റെ കൂട്ടത്തെ തന്നെ പറയുന്നുണ്ട് അതുലംഘിക്കാൻ സന്യാസിക്ക് അവകാശമുണ്ട് ഉല്ലംഘിച്ചാൽ രാജാവിന് ശിക്ഷിക്കാൻ അവകാശമുണ്ടെങ്കിൽ പിന്നെ സന്യാസി എങ്ങനെ ഉല്ലംഘിക്കും പറ്റില്ല അതുകൊണ്ടത് വിധി നിഷേധങ്ങൾ സന്യാസിയുടെ വിധി നിഷേധങ്ങൾ എന്നാണ് സന്യാസി വിധിയുടെ അവസാനമായി പറയുന്ന ഒരു വാക്യം എല്ലായിടത്തും എന്താണോ ഗുരുവാജ്ഞാം പാല ഗുരുവിന്റെ ആജ്ഞയെ പാലിക്കുക സന്യാസിക്ക് സാമാന്യമായ വിധി നിഷേധങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഭാവി എന്തെങ്കിലും സന്യാസിക്ക് സ്വധർമ്മത്തെക്കുറിച്ച് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവിൻ്റെ ആജ്ഞയെ പാലിക്കുക എന്നുള്ളത് എല്ലാ സന്യാസവിധികളിലും സ്മൃതികളിലും എല്ലായിടത്തും ഇത് തന്നെ പറയും എന്ന് പറഞ്ഞാൽ അവിടെ വിധിയെ അനുസരിക്കണം ഗുരുവിൻ്റെ വിധിയെ അനുസരിക്കണം അതനുസരിച്ച് കഴിഞ്ഞാൽ അതാണ് പറയുന്നത് എന്താണ് ഏകവൃതസ്വാ എന്റെ വാക്കിനെ ഏകവൃതനായി സേവിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാക്കിനെ അതില് ഏകപ്രതനായിരിക്കണം പൂർണമായ നിഷ്ഠയോടുകൂടി തന്നെ അതിനെ പാലിക്കണം അതിൽ പിന്നെ പക്ഷെ ഇതിനകത്തൊരു വലിയ തകരാറുണ്ട് എന്താണ് ഗുരു എന്താണ് പറഞ്ഞതെന്ന് ഈ മന്ദബുദ്ധിയൊക്കെ മനസ്സിലാകത്തില്ല പിന്നെ എങ്ങനെ പാലിക്കും അത് വേണ്ടേ അതിനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ ഒരു ഇയാൾക്ക് പാലിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും അതൊരു ഗുരുതരമായ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവസാനം ദീക്ഷയ്ക്കുള്ള അധികാരം കൊടുക്കുന്നു നാമകരണത്തോടൊപ്പം ഇനി നിനക്കും ഇതുപോലെ ദീക്ഷ ഞാൻ നിനക്ക് നൽകിയതുപോലെ തന്നെ നിനക്കും ആർക്കും സന്യാസ ദീക്ഷ നൽകാം എന്ന് പറയും ഈ സന്യാസ ദീക്ഷ കുറിച്ച് പറയുന്നിടത്ത് ർക്കും ദീക്ഷ പറയും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇനി യാതൊരു ദീക്ഷയാണെങ്കിൽ രോഗിയായി ബോധ കെട്ടുകിടക്കുന്നവന് പോലും ദീക്ഷ കൊടുക്കാം പക്ഷേ സന്യാസ ദീക്ഷ ഒരാൾക്ക് മാത്രം നിഷേധിക്കുന്നുണ്ട് ആർക്കാണോ ഏ എങ്ങനെ അങ്ങനെ കേട്ടില്ല ആർക്ക് സ്ത്രീകൾക്കോ സ്ത്രീകളുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ സ്ത്രീകൾക്ക് സന്യാസം ആകാമെന്ന് പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണോ ഇന്ന് ശൂതിരകാര്യത്തിലും ീഴ്ചയുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ചിത്ത ഇപ്പോഴാണ് കത്തിയത് എങ്ങനെ കത്തും കത്തില്ലല്ലോ ആ ഒരു കൂട്ടർക്ക് മാത്രം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ചൈത്തിക ദോഷം എന്നെ പറയുന്നുള്ളൂ അല്ല ഇന്ന് പറയുന്നു ലി സോഫിനിയ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം എന്തുകൊണ്ട് അവർക്കൊരിക്കലും ഈ വ്രതം പാലിക്കാൻ കഴിയത്തില്ല മരിക്കാൻ കിടക്കുന്നവനായാലും ആൽക്കും ബോധമുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അത് മനസ്സിൽ ധ്യാനിച്ചു തന്നിരിക്കും എന്തെങ്കിലും താളം തെറ്റു ആ ഒരു കൂട്ടർക്ക് മാത്രമേ ശാസ്ത്രങ്ങളിൽ സന്യാസ ദീക്ഷയെ നിഷേധിക്കുന്നുള്ളൂ ബാക്കി സർവർക്ക് നിങ്ങളുടെ മനസ്സ് എത്തേണ്ടടുത്ത് എത്തേണ്ട സമയത്ത് എത്തേണ്ട രീതിയിൽ എത്തുന്നില്ല എന്താ കുഴപ്പം ഓട്ടെ അപ്പൊ ഇത് ഒരു സ്ഥലത്ത് മാത്രം നിഷേധിച്ചിരിക്കുന്നു ബാക്കി എല്ലായിടത്തും ഇങ്ങള് ശൂദ്ധരന് പോലും മഹാഭാരതത്തിലും മറ്റു അതിനും കൂടി ചർച്ചയും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിലും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സെന്യ പിന്നെ ഭാഷകാരനും മറ്റും നിഷേധിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അങ്ങനെയും ഉണ്ട് ആചാര്യന്മാർ ആ പക്ഷത്തിൽ ഉണ്ട് പിൽക്കാലത്ത് കൊടുത്തിട്ടുമുണ്ട് നിയമം വയ്ക്കുന്നുണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ ശൂദ്രൻ സന്യാസി കരിച്ചിരിക്കുന്ന കയറി ബ്രാഹ്മണനായി കളയരുത് ശൂദ്ര ശൂദ്രനായി തന്നെ ഇരിക്കുന്ന നല്ലത് അങ്ങനെ കയറി ഭാവിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം ഒരു കണക്കിന് ഒരു വളരെ സമഗ്രമായ ഒരു പദ്ധതിയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു കാരണം അവർ ചിന്തിച്ചതിൽ ദോഷമൊന്നും വരരുതെന്നുള്ള സൗദ്ദേശത്തോടുകയാണ് കാഷായ വസ്ത്രത്തിന് ദോഷം വരരുത് ഈ കഷായ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോ പലയിടത്തും പറയുന്നുണ്ട് ഈ കാഷായ നമ്മളീ ധരിക്കുന്നതുപോലെ കഷായ വസ്ത്രത്തിന് അങ്ങനെ മഹത്വൊന്നുമില്ല അതെന്താ വെറും പരുത്തിച്ചെടിയുടെ പഞ്ഞിയാണ് അത് കുറച്ച് കളറുകൂടെ പുരട്ടുന്നു അതിനെന്തെങ്കിലും മഹത്വം ഉണ്ടോ ഉണ്ടോ ഒരു പേടി ഇല്ലെന്ന് പറയാൻ കാരണം ഉണ്ടെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ ധരിക്കണം കാരണം ഇത് ഈ വസ്ത്രമഹത്വം ഉള്ളതാണ് എന്ന് ധരിക്കുന്നവനൊരു വിചാരമുണ്ടെങ്കിൽ അവനെന്തെയ്യും ആ മഹത്വത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് പറയും കവികൾ പറയും എന്താണോ വേണുരന്ധ്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും വെറും ഓടയിലകത്തുള്ള ശൂന്യത അതിന് യാതൊരു മഹത്വം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ശൂന്യതാണ് ലോകം മുഴുവൻ ആകാശമാണ് സപ്തലോകങ്ങളിൽ ചെന്നാലും കാണുന്ന എന്താണോ ഒന്നു തന്നെ അപ്പം ഇതിനകത്ത് മാത്രം എന്തായാലും അത് ഇല്ല പക്ഷെ കവിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീലി തിരുമുടി ചൂടി ആടുന്ന നീലക്കാർ വർണ്ണന്റെ അധരങ്ങളിൽ അമരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേണുനാഥമാണ് ആ ശൂന്യതയെ മഹത്വപ്പെടുത്തുന്നത് ആ സംഗീതധാര അതിന് പ്രത്യേകതയില്ലേ പക്ഷെ അതേ വേണു തന്നെ മറ്റൊരുവൻ്റെ ചുണ്ടിൽ അമർന്നു കഴിഞ്ഞാലോ അതിൽ നിന്നുണ്ടാകുന്ന അപശ്രുതി നമുക്ക് തലവേദന ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇതിന് ഉത്തരവാദി ആ ഛിദ്രമാണ് ആ ദ്വാരമാണ് അല്ല അത് ഉപയോഗിച്ച ആളാണ് അവിടെ എന്താണ് വരുന്നത് നാദബ്രഹ്മമാണ് മറ്റൊരു സ്ഥലത്തിലാണെങ്കിലോ അപശ്വതി വേറെ ഉദാഹരണം പറയും ഹിംസാത്മകമാണ് എന്ത് പിന്നാകം എന്താണ് ശൂലം അതും ഉയർത്തി വരുന്ന ഒരു യോദ്ധാവിനെ കണ്ടു കഴിഞ്ഞാൽ ശത്രുവിന്റെയും പ്രാണഭയത്തിന് വേണ്ടി യാചിക്കും പ്രാണന് വേണ്ടി പ്രാണഭയം കൊണ്ട് യാചിക്കും പ്രാണരക്ഷ യാജിക്കും അസമയം അത് ധരിച്ചിരിക്കുന്ന പിനാകിയെ കണ്ടാലോ പിനാകധാരി കണ്ടുകഴിഞ്ഞാൽ അഭയവരതനായതുകൊണ്ട് അഭയം അവിടെ അഭയം എന്താണ് മുക്തി ഇവിടെ എന്താണ് അഭയം പ്രാണരക്ഷ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്ന സ്ഥലത്തിന് കവികൾ പറയുന്ന ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം മഹത്വമുള്ളത് അത് മഹത്വമുള്ളവനിൽ ഇരിക്കുമ്പം മഹത്വമുള്ളവനിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയാണ് കാര്യവും ശൂലത്തിൻ്റെ തൃശൂലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെയാണ് അത് മഹത്വമുള്ളവനിലാണ് അതിരിക്കുന്നതെങ്കിൽ അതിന് മഹത്വമുണ്ട് ആ മഹത്വത്തെയാണ് പറയുന്നത് ആ മഹത്വത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത് ആ അയാൾ കഷായധാരിയാണ് പൂജ്യനാണെന്ന് പറയുന്നു അത് മഹത്വമുള്ളവന് ഇരുന്നതുകൊണ്ടാണ് മഹത്വുള്ള മഹത്വം ഇല്ലാത്തവന് ഇരിക്കുന്നോണ്ടത് വെറും പരുത്തിവസ്തുപ്രാധനകത്ത് വേറെ വിശേഷത അതാണ് കഷായത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറും പരുത്തി വസ്ത്രം തന്നെ അപ്പോൾ അത് ഒരുപക്ഷെ അതിന് അർഹതയില്ലാത്തവൻ്റെ ചുവല് കിടന്നാലും മഹത്വം അത് അർത്ഥവാദം മാത്രമാണത് ഒരു മഹാത്മാവിൽ അല്ല അതിനെ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് മഹത്വം ഉണ്ടെന്ന് പറയുന്നത് എന്താണ് വെറും അർത്ഥവാദം സ്തുതിച്ചു പറയുകയാണ് വാസ്തവത്തിൽ അതിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഒന്ന് നാദബ്രഹ്മത്തെ ഉണ്ടാകുന്നു മറ്റൊന്ന് അപശ്വരതയും ഉണ്ടാകുന്നു മഹത്വം നാദബ്രഹ്മത്തെ ഉണ്ടാക്കിയതുകൊണ്ടാണ് അതുപോലെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതായത് സ്വതേ അതിന് ഇല്ല സ്വതേ അത് വരും പരിധി തന്നെയാണ് അതിനെ കാണാൻ അല്ലെങ്കിൽ പലരും ധരിക്കുന്ന എന്താണ് ഈ വസ്ത്രോട് ധരിച്ചു കഴിഞ്ഞാൽ താൻ മഹാനായി ഒരു മഹത്വില്ല വസ്ത്രമെടുത്ത് ആ വസ്ത്രത്തിന് മഹത്വം തന്നെ ഇവിടെയാണ് മഹാത്മാവ് അപ്പം ഈ വസ്ത്രോട് ധരിച്ചു കഴിഞ്ഞാൽ ഒരാളങ്ങനെ മഹാത്മാവാകും അതുപോലെത് ഒരു അനുകരണഭ്രാന്തി മാത്രമേ അതുകൊണ്ട് വസ്ത്രത്തിന് മഹത്വമുണ്ടെന്ന് അർത്ഥവാദരൂപത്തിൽ പറയുന്നു തത്വത്തിൽ അതില്ല അത് മഹാത്മാവിന്റെ അതിന് മഹത്വമുണ്ട് ഇല്ലെങ്കിൽ വെറുതെ അത് കേവലൊരു ദുരഭിമാനം മാത്രമായിരിക്കും സന്യാസിമാരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അവന് നിലനിൽക്കുന്ന ധർമ്മത്തിന്റെ മഹത്വം കൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ ശരി വസ്ത്രത്തിന്റെ മഹത്വമാണെങ്കിൽ ആ ഒരു വിശേഷിച്ചൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ അതെ തന്നെ പറയുന്നു ഈ വസ്ത്രധാരി അതും പറയുന്നുണ്ട് സ്മൃതികളിൽ തന്നെ ഇങ്ങനെ ഒരു ധർമ്മം സ്വീകരിച്ചെന്ന് സ്വീകരിക്കുന്നവൻ അങ്ങനെ സമൂഹം അവൻ ദുരാചാരിയായാലും അവനാദരിക്കണം എന്ന് പറയുന്നുണ്ട് സമൂഹം എന്ന് പറയും പക്ഷേ ഞാനിവിടെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ സ്വയം ആദരവ് അർഹിക്കുന്നില്ല അവന് അവനോട് ആദരവ് തോന്നാൻ പാടില്ല ഇവിടെ ഇപ്പം ഇതാ സംഭവം ഇതാണ് ഇനി സമൂഹത്തിന് അവനോട് ആദരവ് തോന്നിയില്ലെങ്കിലും അവൻ അവനോട് വലിയ ആദരവായിരിക്കും അല്ലേ സ്വയം സ്വയം അവനാദരവാണ് അത് പാടില്ല എന്നായി പറയുന്നതിൻ്റെ താല്പര്യം വസ്ത്രം ധരിച്ചതുകൊണ്ട് താൻ മഹാത്മാവാണെന്ന് വിചാരിക്കാൻ പാടില്ല മറ്റൊരു സാമാന്യ നിയമം വച്ചിരിക്കുകയാണ് എന്നു വെച്ചാൽ അവിടെ ഈ ആര് വേഷം ധരിച്ചാലും ആദരിക്കണമെന്ന് പറയുന്നത് ആ ഒരു ധർമ്മത്തെ ആദരിക്കാനാണ് പറയുന്നത് വ്യക്തിയെ ആദരിക്കാനല്ല അങ്ങനെ പിന്നെ രാജാവ് അങ്ങനെ ശിക്ഷിക്കും അതും പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ വന്ന് വ്യക്തിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ധർമ്മത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അപ്പം ആ ധർമ്മത്തെ ആദരിക്കണം വ്യക്തിയെ വേണ്ടി വന്നാൽ ശിക്ഷിക്കാം ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അതുകൊണ്ടാണ് ഈ അവസാന സമയത്ത് ഇങ്ങനെ ഉപദേശം കൊടുക്കുമ്പോൾ പറയും അധികാരിയായിട്ടുള്ളവന് മാത്രമേ ഇത് കൊടുക്കാവൂ അത് വേറെ സ്ഥലത്ത് പറയും ഇപ്പം ഗുരു സന്യാസിയുടെ പിന്നീടുള്ള ഇത് പറയുന്നതിന് മുഖ്യമായി പറയുന്ന ഗുരുശുശ്രൂഷയാണ് അതൊരു പ്രധാന കാര്യമാണ് അപ്പോൾ ഒരു ഉദാഹരണം വരുന്നത് ഗുരുവിങ്ങനെ നടന്നു പോകുമ്പോൾ വർഷാത്തങ്ങളിൽ നിന്നെല്ലാം ഗുരുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഛത്രധാരിയായി കുട പിടിച്ചുകൊണ്ട് ആരുവണം ശിഷ്യൻ ഇറകെ പോകണം സാധാരണ ഗുരുതന്മാരെ കുറിച്ച് പറയുകയാണ് ഇതിനൊക്കെ അതീതരായ മഹാത്മാക്കളിനോട് നിങ്ങൾ ഇതൊന്നും ബന്ധിപ്പിക്കരുത് സാധനം ഒരാൾ സന്യാസി കൊടുക്കുന്നു വേറൊരാൾ സ്വീകരിക്കുന്നു അങ്ങനെ ഒരു തലം ഉണ്ടല്ലോ അവിടെ പറയുന്നു അതേസമയം ഈ ശിഷ്യൻ ഇനി നരകത്തിലേക്ക് പോവണെങ്കിലേ ഗുരു കൊടയും പിടിച്ച് പിറകെ കൂടെ അങ്ങ് കയറേണ്ടി വരുമെന്നാണ് മനസിലായേ ആ അധികാരമില്ലാത്തവന് ഇത് കൊടുത്തത് കൊണ്ട് നരകത്തിലേക്ക് ചിലപ്പോൾ ഈ ശിഷ്യൻ നടന്ന് കയറുകയാണെങ്കിൽ അവിടെ കുടപിടിക്കുന്നവരായിരിക്കും ഗുരു അതിന്റെ ആ വാദന്റെ അടി കൂടെ ഞെരുങ്ങിയന്ന് അകത്ത് കയറുന്നു രണ്ടുപേർക്കും ഒരേ സീറ്റ് ഇതും പറയുന്നുണ്ട് അതാണ് പറയുന്നത് എന്താണ് ശിഷ്യന്റെ ദോഷം ഗുരുവിലേക്ക് വരും അപ്പൊ ഗുരുവാകാൻ വേണ്ടിയിട്ട് ശിഷ്യനെ ആക്കാൻ പോയി കഴിഞ്ഞാൽ എന്തോരും അതാണ് എന്നോട് ഒരാൾ ചോദിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ റിസ്ക് എടുക്കാനൊന്നും ചിന്തയാറില്ല പറഞ്ഞിന്റെ അത് വലിയ റിസ്ക്കാണ് നമ്മളെ കൊണ്ട് ഇതിനൊന്നും പരിവാ നമ്മളെങ്ങനെയെങ്കിലും ഈ വളരെ ഒതുങ്ങി കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് പോകാം മറ്റ് ക്രെഡിറ്റുകളൊന്നും വേണ്ട ആരുടെയും ലോകത്തിന്റെ ക്രെഡിറ്റും റേറ്റിങ്ങും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗൊന്നും നമുക്ക് വേണ്ട ഇതിനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി അന്നം വേണം ഇപ്പോൾ കൊറോണ കാലം വേണ്ടി സഞ്ചരിക്കാനൊരു വാഹനവും വേണം ഇത്രയൊക്കെ ആവശ്യമുള്ളൂ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും പുറത്തിറങ്ങാൻ പാടില്ലല്ലോ അത് ഒരുപക്ഷെ ഇത് വളരെ ചിന്തിച്ചു ചെയ്ത ഏകനായി പറഞ്ഞിരിക്കുകയാണ് ഏകാഗി എല്ലായിടത്തും പറയുന്നുണ്ട് സന്യാസി ഏകാഗി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ സെൽഫ് ഡ്രൈവിംഗ് എല്ലാവരും ഡ്രൈവിങ് ഓടിക്കുന്നു വേറെ തന്നെ കൂടെ ഇരുത്താമൊക്കില്ല കാരണം അവന് കുറയണമുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റില്ല നമുക്കും കിട്ടും അതുകൊണ്ട് സെൽഫ് ഡ്രൈവിംഗിൽ അങ്ങനെ അല്ലാവിനെങ്ങനെ ഈ ലോകത്ത് ഏകാഗിയാവും എ സി കാറിന്റെ അകത്തിരിക്കാതെ എങ്ങനെ ഒരാൾ ഏകാഗിയാവും പുറത്തിറങ്ങിയ മുഴുവൻ ജനങ്ങളല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈസൻസ് എടുക്കണം സന്യാസിമാരെങ്കിലും വണ്ടി ഓടിക്കുകയും വേണം സന്യാസിനിമാര് പ്രത്യേകിച്ച് ലൈസൻസ് എടുത്ത് എന്റെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾ തമാശയായിട്ടെടുത്താലും മതി ഞാനിന്നലെ പറഞ്ഞു എടുക്കാരും വിശ്വസിക്കുന്നില്ല പത്ത് വർഷം മുമ്പ് ഞാനിങ്ങനെ ദീർഘദൃഷ്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിലൊരു കൊറോണ വരും അതാണ് അന്ന് ലൈസൻസ് എടുത്തത് അതുകൊണ്ടിപ്പോ എന്തായി എനിക്ക് യാത്ര ചെയ്യുന്നതിന് അടി സഹായം വേണ്ട അപ്പോ ഇതെല്ലാം പറയുന്നുണ്ട് വളരെ കൃത്യമായി പഴയകാലത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ആ ഞാൻ പറഞ്ഞു തന്നിതാണ് ഞാൻ ഈ റിസ്ക് എന്ന് പറഞ്ഞു ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്താ ചിലര് ചോദിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യമില്ലേ അത് ആ ഉപകാരത്തെ കുറിച്ച് ഇനി ആ ഒരു ടോപ്പിക്ക് ഇവിടെ ഇവിടെ വരും അപ്പോൾ ഉപകാരമുള്ള അത് നമ്മൾ കുറിച്ച് ത്യാഗ സഹിച്ചാലെന്തോ അല്ലേ റിസ്ക് എടുത്താലെന്തോ മറ്റുള്ളവർക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ലാഭം നഷ്ടങ്ങളെ കുറിച്ച് എന്തിക്കാതെ നമ്മളിത് ചെയ്യണം പൊരുസ്കുന്നു പറഞ്ഞാൽ ഈ പച്ച മലയാളത്തിൽ നാടൻ മലയാളം ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു പറയുന്ന ആളാണ് അതീ പറയാം അവിടെ നാട്ടു നാട്ടിൻ പുറത്ത് കുട്ടിക്കാലത്ത് കേട്ട ഭാഷയാണേ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സഭ്യമായി തോന്നത്തില്ല നിങ്ങളത് ഇംഗ്ലീഷിലാക്കിയാൽ മതി അപ്പ ശരിയാവും അവിടെ പറയുന്നതാണ് സ്വന്തം ആസനത്തെ തീപിടിപ്പിച്ചിട്ട് അന്യനെ വീടുകത്തിക്കരുത് രണ്ടടവും കത്തി അവന്റെ മോണ്ടായും പോവും തന്റെ ആസനും പോവും ഇതാണ് റിസ്ക് എന്ന് ഞാൻ പറയുമ്പോ മനസ്സിലായോ മലയാളത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായല്ലേ രണ്ടും കത്തിപ്പോവും എന്തിനാ ഇതിന് പോകുന്നു ചില സംശയം തീരത്തില്ല എനിക്കിപ്പം മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് റിസ്ക് എന്ന് പറയുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഇന്നലെ ഈ പൂജയുടെ കാര്യം ചോദിച്ച് അപ്പോൾ ഞാനെന്ത് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന സ്മൃതികളും പുരാണങ്ങളും ശാസ്ത്രങ്ങളുമാണ് ഗുരുവാജ്ഞാം അവിടെ വരുമ്പോൾ പിന്നെ ഇതെല്ലാം ക്യാൻസലായിപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നു അത് അതും അവിടെയാണ് പറയുന്നു ഇപ്പം പൂജാദി കാര്യങ്ങളെ സംബന്ധിച്ച് അതാണ് അടുത്ത ഭാഗമാണ് അത് വരുന്നത് അത് അന്നത്തെ ആചാരമനുസരിച്ച് പരമഹംസൻ അഗ്നി കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ഇതിൽ തന്നെ കാലം കൊണ്ടൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ പൂജാതി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ദേവത ഉപാസനയാണെങ്കിൽ വേണ്ടി വന്നാൽ അത് സന്യാസ ദീക്ഷാ സമയത്ത് എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തത്ത്വോപദേശ് പിന്നെ പ്രണവ മഹാവാക്യം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉപദേശിക്കുന്നത് അപ്പോൾ സന്യാസി സാരണഗതിയിൽ ഇതിലേതിലെങ്കിലുമൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ഇനി അങ്ങനെയല്ല ദേവത ഉപാസന ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനും വിരോധമില്ല പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ദേവതാ ഉപാസന എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഡി കത്തിക്കാൻ വേണ്ടിയല്ല പിന്നെയോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ ദേവതാ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് വേറൊരാൾക്ക് വേണ്ടി ചെയ്താലോ ഏ എന്താ അത് പൗരോഹിത്യം മറ്റ് കർമ്മങ്ങൾ അങ്ങനെയല്ല ഇവിടെ വൈദികമായ കർമ്മങ്ങളെ മറ്റും സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ത് നിഷിബ്ധം അപ്പോൾ അത് പൗരോഹിത്യവും പൗരോഹിത്യം നിഷേധിച്ചിരിക്കുകയാണ് അപ്പം പുരോഹിതനൊരു കർമ്മം ചെയ്യുമ്പോൾ വാസ്തവതൽ ജ്യോതിഷ്ഠോമം ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ ഫലം യജമാനാണ് ആ കർമ്മം യജമാനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും നിഷേധിക്കുന്നത് അതുകൊണ്ടാണ് കർമ്മത്തെ ഒരു പരിധിവരെ സ്വീകരിക്കുന്നതും അങ്ങനെ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യാം അവിടെ കാമ്യം ഒഴിവാക്കണം അവിടെ യജമാനും ചെയ്യാൻ പാടില്ല പുരോഹിതനും ചെയ്യാൻ പാടില്ല രണ്ട് കൂട്ടരുടെ കർമ്മമുണ്ട് കർമ്മം എന്ന് പറയും അത് വൈദികമായ സമ്പ്രദായവും അതിൻ്റെ മര്യാദകളും നിയമങ്ങളും അനുസരിച്ചാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ സാമാന്യം ഇന്നത്തെ ഒരു ലൗകികബുദ്ധി അനുസരിച്ചിട്ടില്ല അത് വച്ച് വിലയിരുത്തൽ അപ്പോൾ ഇപ്പോൾ ഒരാൾ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആകാം അത് അവന് ദേവതാപ്രീതി വേണ്ടേ അത് എന്തിനാ മുക്തി അർത്ഥം ആത്യന്തിക മനുഷ്യൻ മുക്തിയാണ് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാകാം എന്ന് പറയുന്നു പക്ഷേ അത് പൗരോഹിത്യം എന്നുള്ള രീതി ചെയ്യാൻ ഓരോ തരത്തിലും അനുവദിക്കുന്നുണ്ടാവും അഗ്നി കർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് ദേവതോപാസന വരത്തിട്ട അഗ്നിയിൽ കർമ്മം ചെയ്താൽ എന്ത് വരും അവിടെ അഗ്നിയിൽ ഹവിസർപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും എന്താണ് അഗ്നി കർമ്മം തന്നെ ഇപ്പൊ ദേവതോപാസന അഗ്നി കർമ്മം വേണം തന്നെ നിങ്ങളൊരു മന്ത്രം ജപിക്കുന്നു ഒരു മൂർത്തിയെ പൂജിക്കുന്നു ഇതൊന്നും അഗ്നി കർമ്മം അല്ല അങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിന്നെ അവിടെ വരുന്നത് ഇന്നലെ ഒരാൾ ചോദിച്ചതാണ് കുലഗോത്രങ്ങളൊക്കെ പറയണമല്ലോ മറ്റേ പരശുരാമകല്പം മറ്റേത് എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങ് പറയൂലോ അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഈ നാമകരണം ചെയ്യുന്ന സമയത്ത് ഗുരു ശിഷ്യനോട് അല്ല ശിഷ്യൻ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് തൊമേവ മാത്താച്ച പിതാത്വമേവ ത്വമേവ സഭാത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ അവിടെ ഈ ദീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവും കുലവും മാതാവും പിതാവും സമ്പത്തും എല്ലാരാണോ ഗുരുവാണ് അപ്പൊ പിന്നെ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളും എന്തിന്റെ പേരിൽ ഏ ഗുരുവിൻ്റെ പേരിലാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചോദ്യമേ വരുന്നില്ല ഏതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ പേരിൽ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗുരുവിന് സമർപ്പിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ പിന്നെ കുലത്തിൻ്റെയും ഗോത്രത്തെയൊന്നും പ്രശ്നം വരുന്നില്ല അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മുടെ വിധികളനുസരിച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം പിന്നെ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുക പക്ഷേ പൗരോഹിത്യം എന്ന് പറയുന്നത് പരാർത്ഥമായ കൃത്യമാണ് അത് എന്തായാലും ഈ സന്യാസത്തിൽ നിഷേധിച്ചിരിക്കും ശേഷം സർവം എന്താണ് ഗുരുവാജ്ഞ പാലന അത് <laughs>